ശ്രോണം ശ്രോണം കൊണ്ട് തന്നെ ഞാനുണ്ടാകാം എന്ത് ശ്രവിക്കുമ്പം വേദം ശ്രവിക്കുമ്പം വേദത്തിൽ എന്ത് ശ്രവിക്കുമ്പോ തത്മസി തത്തമസി സത്യജ്ഞാന അനന്ത ഇങ്ങനെയുള്ള വാക്യങ്ങൾ ശ്രവിക്കുമ്പോ ശ്രവണം കൊണ്ട് തന്നെ അതിനുള്ള എല്ലാ യോഗ്യതയും ഉണ്ടെങ്കിൽ യോഗ്യത ഒരുപാടുണ്ട് ഒരാൾക്ക് ഞാനും ഉണ്ടാകാം അയാൾക്ക് എന്ത് ഞാനാണ് ഉണ്ടാകുന്നത് സംഗ്രഹല് പറയുന്ന അനുസരിച്ച് അപ്രോക്ഷം ഞാൻ അതെങ്ങനെയുള്ള ജ്ഞാനാണ് അപ്രോക്ഷം ഞാൻ ഞാൻ സംശയവിവര്യങ്ങളൊന്നും ഇല്ലാതെ തന്നെയാണ് ആ ഞാനും എന്ത് ജ്ഞാനമാണ് ഞാൻ പ്രപഞ്ചം കാരുതട്ട് ഒരു കസേര കൂടെ എടുത്തോളൂ ഇത് കൃത്യമായി മനസ്സിലാക്കിയിരിക്കുന്നു മനസിലായ ശങ്കരാചാര്യ പറയുന്നതനുസരിച്ച് ശ്രവണം എന്ന് വെച്ചാൽ വേദം ശ്രവിക്കുമ്പോ വേദ ശ്രവിക്കുമ്പോ എന്ന് പറഞ്ഞാൽ നാളെ ചോദിക്കുമ്പോൾ വീണ്ടും വായും പൊളിച്ചിരിക്കരുത് സത്യജ്ഞാനന്ദ്ര ദത്തമസി ബ്രഹ്മസ്മി ഇങ്ങനെയുള്ള വാക്യങ്ങൾ കേൾക്കുമ്പോ ആരി നിന്ന് കേൾക്കുമ്പോ ഒരു ഗുരുവിൽ നിന്ന് കേൾക്കുമ്പോ അത് പറഞ്ഞു കൊടുക്കുന്ന ആളാണ് ഗുരു അത് പറഞ്ഞുകൊടുക്കുന്ന ആള് ഇതിന്റെ അർത്ഥം മനസ്സിലാക്കിയിട്ട് പറഞ്ഞുകൊടുക്കുന്ന ആളായിരിക്കും എന്തര്ത്ഥമാണ് ജീവനും ബ്രഹ്മവും ഒന്ന് തന്നെയാണ് ഞാൻ തന്നെയാണ് ബ്രഹ്മം എന്നറിഞ്ഞിട്ട് ഒരാള് പറഞ്ഞുകൊടുക്കുമ്പോ ം പറഞ്ഞാ മതി വേറൊന്നും വേണ്ട നല്ല അതിനുള്ള എല്ലാ യോഗ്യതയും തികഞ്ഞു കഴിഞ്ഞാല് ആ യോഗ്യതയിൽ ഒന്നാണ് ഈ സാധന ചേർട്ടേ സമ്പാദ്യം പിന്നെ പദപദാർത്ഥ ജ്ഞാനം വാക്യാർത്ഥാനം ഇങ്ങനെയുള്ള മറ്റു സംഗതികളും ഉണ്ട് ഇതെല്ലാം തികഞ്ഞ ഈ വാക്യം കേട്ട് കഴിഞ്ഞാൽ ഉടൻ അഹം ബ്രഹ്മാസ്മി എന്നുള്ള ഞാനുണ്ടാവും ഞാൻ ബ്രഹ്മമാണെന്നുള്ള ഞാനുണ്ടാവും ഈ ജ്ഞാനത്തിന് പറയുന്ന പേരാണ് അവരോക്ഷം ദൃഢബോധം എന്ന് പറഞ്ഞാലും ഇത് സാക്ഷാത്കാരം എന്ന് പറഞ്ഞാലും ഇത് പ്രത്യക്ഷ ജ്ഞാനം എന്ന് പറഞ്ഞാലും ഇത് ജീവപര ഐക്യജ്ഞാനം എന്ന് പറഞ്ഞാലും ഇത് തന്നെ എല്ലാവന്നു ഈ ജ്ഞാനത്തിന്റെ പ്രത്യേകത ആണ് പറയുന്നത് എന്താണ് ഈ ജ്ഞാനം ഇങ്ങനെയൊക്കെ വിളിക്കാൻ കാരണം ഇത് അജ്ഞാനം സംശയം വിപരീയം ഈ മൂന്നും ഇല്ലാത്ത ജ്ഞാനമാണ് അങ്ങനെ ഉണ്ടാകുന്ന ഈ ജ്ഞാനം എപ്പോഴാണോ ഒരാളിൽ ഉണ്ടാകുന്നത് ഉണ്ടാകുന്ന സമയം തന്നെ അയാളിൽ അജ്ഞാനം നശിക്കുന്നു കഴിഞ്ഞ ദിവസം പറഞ്ഞു മറന്നു പോകാതിരിക്കാൻ വീണ്ടും വീണ്ടും പറയാണ് ഞാൻ ഇവിടെ ഇപ്പൊ മൂന്നാള് കൊല്ലം കൊണ്ട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇതേ കാര്യം പ്രത്യേകിച്ച് ഒരു മാറ്റം കാണുന്നില്ല ഒരു വിശേഷം ഉണ്ടാവുന്നുണ്ട് വീണ്ടും പറയാൻ ഇനിയും ഞാൻ പറയാം പക്ഷെ ഇനിയും എന്നെ കൊണ്ട് പറയിക്കരുത് പിന്നെ കൂടുതൽ പറയാൻ ഇതേ തന്നെ പറഞ്ഞു പറഞ്ഞു പറഞ്ഞു എന്റെ ആയുസ് അപ്പൊ അജ്ഞാനം നശിക്കും ശങ്കരചാര് പറയുന്നതാണ് ഇങ്ങനെ ഒരു ജ്ഞാനം ഉണ്ടാകുമ്പോ നശിക്കുന്ന ഈ അജ്ഞാന നാശം എന്ന് പറയുന്നത് എന്താണ് അത് ഞാൻ പറഞ്ഞു ധൈര്യമുണ്ട് പക്ഷെ സംശയം അതായത് ഇവിടെ പ്രത്യേകം മനസ്സിലാക്കണം ശങ്കരാചര് പറയുന്ന എന്താണ് അജ്ഞാനം നശിക്കുക എന്ന് വെച്ചാ അറിവില്ലായ്മ പോകും ഇത്രയാണ് സിമ്പിളാണ് മനസിലായോ അവഗമനസ്യ പ്രയോജനം അനവഗമന നിവൃത്തി ഈ ശങ്കരാചരുടെ വാക്കാണ് എവിടെയാണ് വരുന്നത് ബൃഹദാരുണ്യ ഭാഷ അറിയുക എന്ന് പറഞ്ഞാൽ അതിന്റെ പ്രചോദനം അറിവില്ലായ്മ മാറുകയാണ് അല്ല വേറെ അജ്ഞാനം എന്ന് പറഞ്ഞ് വേറെ ഒലക്ക സാധനമൊന്നുമില്ല അങ്ങനെയൊക്കെ പറയുന്നുണ്ട് കേട്ടോതി അങ്ങനെയൊക്കെ വേദാന്തി പറയുന്ന വേദാന്തി അങ്ങനെയൊന്നും ഇല്ല സംഗതി അറിവ് ഉണ്ടാകാന്ന് വെച്ചാൽ അറിവില്ലായ്മ അതിനോടൊപ്പം തന്നെ ഞാൻ ്രഹ്മമാണോ എന്നുള്ള സംശയം നിശ്ചിച്ച് ഞാൻ ശരീരമാണോ എന്നുള്ള സംശയം നിശ്ചിച്ച് അല്ല ഞാൻ ശരീരമാണ് എന്നുള്ള വിപരീയം വിപരീം എന്നിട്ട് ഭ്രാന്തി അത് നിശ്ചിച്ച് ഞാൻ ബ്രഹ്മമല്ല എന്നുള്ള ഭ്രാന്തി അത് നിശ്ചിച്ച് ഇതെല്ലാം പോയിട്ട് അജ്ഞാന സംശയ വിപരീരഹിതമായിട്ടുള്ള ജ്ഞാനം ഉണ്ടാകും ഇതാണ് ശങ്കരാചാര്യ പറയുന്നത് ജ്ഞാനം കൊണ്ട് ഉത്തമാധികാരിയായിരിക്കണം അപ്പൊ അത് നമ്മളാരും എല്ലാം പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല ഉണ്ടോ ഉത്തമാധികാരിക്കാണെങ്കിൽ ഇങ്ങനെ അറിവില്ലായ്മസിക്കുന്ന അറിവുണ്ടാവാത്തുള്ളു പിന്നെ അയാൾക്ക് എന്താണ് അയാൾക്ക് അറിവ് ഉണ്ടായത് അയാളെ നമുക്ക് എന്താണ് ഞാനി എന്ന് പറയാം അറിവുള്ളവനാണ് ഞാൻ ഏത്തമാരി അത് അവനവൻ തിരിച്ചറിഞ്ഞ പോലെ അവന് നമ്മൾ മറ്റുള്ളവര് ഉത്തരമാധികാരിയാണോന്നും തിരിച്ചറിയാൻ നടക്കണ്ട മറ്റുള്ളവരെ പറയാ പണ്ടരെ ഒരു സ്ത്രീ ഒരു കഥയാണ് ഒരു സ്ത്രീയെ ഗർഭിണിയായിരുന്നു അപ്പൊ അവര് അവരുടെ അമ്മയടുത്ത് പറഞ്ഞു എന്താണ് ഞാൻ പ്രസവിക്കുന്ന സമയത്ത് ഇനി ഞാൻ ഉറങ്ങിപ്പോയാലും വിളിച്ചോണ്ടിരത്തന്നെ ചിലപ്പോ ഉറങ്ങിപ്പോയാ ചെയ്യും എന്ന് പറഞ്ഞ പോലെയാണ് പ്രസവിക്കുന്ന സമയത്ത് പെണ്ണുങ്ങൾക്ക് ഉറങ്ങാൻ പറ്റില്ല എന്നരപ്പ തനിയെ അറിഞ്ഞോളൂ ആരും വിളിച്ചുകൊടുത്ത കാര്യം അല്ല പണ്ടത്തെ കാര്യ പണ്ടത്തെ കാര്യം ഉറങ്ങി പോകത്തില്ല വിളിച്ചുകൊടുത്തേണ്ട കാര്യ അതുപോലെ ഈ കാര്യത്തിൽ നമ്മൾ ആരും ഉം അപ്പൊ ഇനി നമ്മുടെ ചർച്ച പ്രസവത്തിലേക്ക് കൊണ്ടുപോകണ്ട നമ്മൾ പറയുന്ന വേറെ വിഷയമാണ് ഒരു ഉദാഹരണം പറഞ്ഞ ഇനി ഓപ്പറേഷൻ തിയേറ്ററും പ്രസവവും പിന്നെ അതിന്റെ പുറകിലുള്ള കാര്യങ്ങളൊക്കെ പോയാ നമ്മുടെ വിഷയം മറക്കും അതിനെ കുറിച്ച് ഒന്ന് നോക്ക് വലിയ ഗ്രാഹിയില്ല അപ്പോ എന്താണോ ഇതാണ് പറയുന്നത് കൃത്യമായി മനസ്സിലാക്കുന്നു അങ്ങനെ ഒരു ജ്ഞാനം ഉണ്ടായി കഴിഞ്ഞാൽ ആ ജ്ഞാനം അപ്പൊ ജ്ഞാനി എന്ന് പറയുന്നത് ആരെയാണ് ഇങ്ങനെയുള്ള അറിവുണ്ടായി അറിവില്ലായ്മ പോയ ഇനി അറിവില്ലായ്മ എന്ന് പറയുന്നത് എന്താണ് എന്താണ് അറിവില്ലായ്മ അറിവില്ലായ്മ എന്താണ് അറിവിന്റെ അഭാവം അറിവില്ലാതിരിക്കാന്നുള്ളതാണ് അവിടെ വേറെ ഒന്നും ഇല്ല അറിവില്ല അത്രയാണ് മേശപ്പുറത്ത് പുസ്തകം ഇല്ല എന്ന് പറഞ്ഞാൽ പുസ്തക അഭാവമൊന്നും പുസ്തകം ഇല്ല എന്ന് പറഞ്ഞാൽ അന്നേന്നു മേശപ്പുറത്ത് പുസ്തകം ഇല്ല എന്ന് പറഞ്ഞാൽ പുസ്തക അഭാവം ഒന്നും പറയാം അതുപോലന്നെ അറിവില്ലായ്മ എന്ന് പറഞ്ഞ അറിവിന്റെ അഭാവമാണ് അപ്പോ ഒരു നമ്മുടെ ഉള്ളിൽ അറിവുണ്ടാകുക എന്ന് പറഞ്ഞാൽ അതിന്റെ അടുത്ത അവിടെ അറിവില്ലായ്മ മാറി എത്രയുള്ളു അത് അറിവില്ലായ്മ ഉണ്ടായിരുന്നു അറിവുണ്ടായി ഇത്രയേ ഉള്ളു സംഭവിക്കുന്നത് ഇനി അറിവെന്ന് പറയുന്ന എന്താണ് നമ്മുടെ അറിയുന്നുള്ളു അറിവെന്ന് പറയുന്നത് എന്താണ് എന്താണ് അറിവ് അവര് മനോവൃത്തിയാണ് മാനസിക പരിണാമമാണ് മനസിലായോ അത് ശങ്കരാചാര്യ പറയുന്നത് എങ്ങനെയാണ് നമ്മള് കൃത്യമായും മനസ്സിലാക്കുന്നത് ശബ്ദം ശബ്ദം കേൾക്കുന്നത് ചെറോണേന്ദ്രിയത്തിലൂടെ ചെവിയിലൂടെ ചെവിയിലൂടെ ശബ്ദം കേൾക്കും അപ്പൊ ആദ്യം നമുക്കുണ്ടാവുന്ന ശബ്ദജ്ഞാനം തത്വമസി അഹം ബ്രഹ്മാസ്മി സത്യജ്ഞാനം അനന്തം ബ്രഹ്മ എന്നൊക്കെ പറയുന്ന ശബ്ദജ്ഞാനം ഉണ്ടാകും ഈ ശബ്ദജ്ഞാനം നമ്മുടെ ഉള്ളിൽ എന്ന് വെച്ചാൽ ഉള്ളെന്ന് പറയുന്നത് എന്താണ് നമ്മുടെ എന്തൊക്കെ നമ്മുടെ അന്ധകരണത്തിൽ ആദ്യം ഉണ്ടാകുന്ന ശബ്ദജ്ഞാനവും ഈ ശബ്ദത്തിന്റെ ഉണ്ടാവും ശബ്ദം ഉള്ളിൽ ഉണ്ടായിക്കഴിഞ്ഞാൽ പിന്നെ എന്ത് സംഭവിക്കും ശബ്ദമുള്ളിൽ കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഉള്ളിൽ ആ ശബ്ദത്തിന്റെ അർത്ഥം ഞാനോണ്ടാവും അതിളി സംഭവിക്കുന്നു ശബ്ദം ഉള്ളിൽ വന്നു കഴിഞ്ഞാൽ എന്നുവച്ചാൽ ഞാൻ കേൾക്കുന്നു സത്യം ജ്ഞാനം അനന്തം ബ്രഹ്മ ഇപ്പൊ നിങ്ങൾക്കെന്ന ശബ്ദം ഞാനുണ്ടായി പക്ഷെ എന്ത് ഞാനും ഉണ്ടായില്ല അർത്ഥം ഞാനും ഉണ്ടായില്ല എന്തുകൊണ്ട് എന്തുകൊണ്ടുണ്ടായില്ല എന്തുകൊണ്ടുണ്ടായില്ല ഇതുവരെ പറഞ്ഞതൊക്കെ വെറുതെ ഉത്തമ അധികാരിയല്ല മനസിലായോ ഉത്തമ അധികാരിയാണെങ്കിൽ എന്ത് വരും ഉടൻ തന്നെ ഉള്ളിൽ അർത്ഥബോധം ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ സായിപ്പിൻമ്മി ചെന്നിട്ട് നമ്മൾ പറയുന്നത് പശു എപ്പോഴും പറയുന്ന ഉദാഹരണമാണ് സായി പിന്നോമ്പി പറയാണ് പശു പശുവിന് ശബ്ദം ഞാനുണ്ടാവും പശുന്ന് സഹിപ്പ് കേൾക്കും പശുന്ന് സഹിപ്പ് കേൾക്കും പക്ഷെ എന്തുണ്ടാവത്തില്ല അർത്ഥാനുണ്ടാകത്തില്ല നാല് കാലും ഒരു കാലും അകിടും കൊമ്പും ഒക്കെ ഉള്ള ഒരു ജീവിയുടെ ബോധം ഉണ്ടാകത്തില്ല ശബ്ദം ഉണ്ടാകത്തില്ല ശബ്ദജ്ഞാനവും അർത്ഥജ്ഞാനവും തമ്മിൽ വ്യത്യാസമുണ്ട് മനസ്സിലായോ ശബ്ദജ്ഞാനവും അർത്ഥാനവും വ്യത്യാസം അങ്ങനെ മനസ്സിലാക്കും പക്ഷെ നമ്മൾ സാഹിബി പോയിട്ട് കൗ എന്ന് പറയണു ശബ്ദജ്ഞാനം ഉണ്ടാവും എന്തുകൊണ്ട് സാഹിബിന് അർത്ഥാനുണ്ടായി എന്തുകൊണ്ടുണ്ടായി അതായത് ആ ശബ്ദത്തിൽ നിന്ന് ആ അർത്ഥാനം ഉണ്ടാകുന്നതിനുള്ള അധികാരിയാണ് സാഹിബ് അതിനുള്ള യോഗ്യത എല്ലാം ഉണ്ട് അതിനുള്ള യോഗ്യതയെല്ലാം സാഹിബിനുണ്ട് അപ്പൊ അയാൾ അധികാരിയാണ് അതുകൊണ്ട് ബോധം ഉണ്ടായി പശു എന്ന് പറഞ്ഞാൽ ബോധം ഉണ്ടാവത്തില്ല എന്തുകൊണ്ടാ അതിനധികാരി പദപദാർത്ഥാനില്ല ഇതുപോലെ വാക്യങ്ങൾ കേൾക്കുമ്പോ ഒരാളുള്ളിൽ അർത്ഥബോധം ഉണ്ടാവും ശബ്ദത്തിൽ നിന്ന് അർത്ഥബോധം ഉണ്ടാവും ഇതിനാണ് പറയുന്നത് ശബ്ദജ്ഞാനം ശബ്ദ ജ്ഞാനം പിന്നൊരു സായിപ്പ് എന്നാണെന്നിരുന്നോട്ടെ സായിപ്പ് ഇംഗ്ലീഷ് പഠിച്ചതിന്റെ കൂട്ടത്തില് കവെന്നുള്ള വാക്ക് പഠിച്ചു പക്ഷെ സായിപ്പ് ജീവിതത്തിൽ ഒരിക്കലും പശുവിനെ കണ്ടിട്ടില്ല ഒരിക്കലും കണ്ടിട്ടില്ല കവെന്ന് പറഞ്ഞു കഴിഞ്ഞാ സായിപ്പിന് അർത്ഥം ഞാനുണ്ടാവും കൃത്യമായി ഉണ്ടാകത്തില്ല കാരണം കൗ എന്നുള്ള ശബ്ദത്തിന് ഇന്റർപ്രിട്ടേഷൻ വ്യാഖ്യാനങ്ങൾ സായിപ്പ് കേട്ടിട്ടുണ്ട് എന്താണ് അത് നാല് കാലമുള്ളതാണ് കുമ്പുള്ളതാണ് അതാണ് ഇതാണ് പാല് തരം ആണെന്നൊക്കെ കേട്ടിട്ടുണ്ട് ജീവിതത്തിൽ ഒരിക്കലും അത് കണ്ടിട്ടില്ല സായിപ്പ് അപ്പോ സായിപ്പിന് അർത്ഥജ്ഞാനം ഉണ്ടാകുമോ എന്ന് ചോദിച്ചാൽ ഉണ്ടാകും എന്തുകൊണ്ട് പഠിച്ചിട്ടുണ്ട് അതെ കവിന്റെ വ്യാഖ്യാനങ്ങളെല്ലാം പഠിച്ചിട്ടുണ്ട് പക്ഷെ അവിടെ ഉണ്ടാകുന്ന ആ ജ്ഞാനം അർത്ഥം ഞാൻ ഉണ്ടാവുന്നു ആ ജ്ഞാനത്തിന്റെ പ്രത്യേകത എന്താണ് സംശയം അജ്ഞാന സംശയ വിവരം മൂന്നും ഉണ്ട് അതിനകത്ത് മനസിലായോ അജ്ഞാനം സംശയം ഇത് മൂന്ന് സാഹിത്യ മൂന്ന് മാറ്റിയെടുക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കേണ്ട ആഗ്രഹിക്കണമെങ്കിൽ എന്ത് ഒരു പശുവിനെ കൊണ്ടുവന്ന മുമ്പ് നിർത്തിയിട്ട് സാഹിബിനോട് പറയുന്ന കൗ എന്ന് പറഞ്ഞുകൊടുത്താ സാഹിബിനെന്തുണ്ടാവും അജ്ഞാനം സംശയം വിവരം ഒന്നും മാറിയിട്ട് കൌ എന്നുപറയുന്ന ജ്ഞാനമുണ്ടാവും ഈ ജ്ഞാനത്തിനാണ് എന്തു പറയുന്നത് അപരോക്ഷം പ്രത്യക്ഷ ജ്ഞാനം ശബ്ദജ്ഞാനം പിന്നെ യഥാർത്ഥ ജ്ഞാനം തിടബോധം ചെറിയ വ്യത്യാസമുണ്ട് അതായത് ഒരാള് സായിപ്പനത്തിന്റെ ഉദാഹരണം എടുക്കാം സായിപ്പന്റെ മുമ്പിൽ പശുവിനെ കൊണ്ടു നിർത്തി നുമ്പിണ്ടു നിർത്തി പക്ഷെ കൌ എന്ന് പറയുന്ന വാക്ക് സാഹിപ്പ് ഇതുവരെ പഠിച്ചിട്ടേ ഇല്ല ആ ഒരു വാക്ക് സാഹിപ്പിന്റെ ഡിക്ഷണറിയില്ല പശുവിനെ കൊണ്ട് പശുവിനെ കുറിച്ചുള്ള ബോധം ഉണ്ടാവും സാഹിപ്പിന് ഉണ്ടാവും എന്ത് ഭാഷ ഉപയോഗിക്കും എന്ത് ഭാഷ ഇത് ഇതെന്ന് പറയണ്ട ഇത് ഇതാ ഒരു ജീവി എന്തെല്ലാം ഭാഷ വേണമെന്നൊന്നുമില്ല അവിടെ സായിപ്പിനെന്താ സംഭവിക്കുന്നത് ശാബ്ദ ഉണ്ടാവുന്നു ശബ്ദം കേട്ടുണ്ടായ ജ്ഞാനമല്ല പിന്നെന്താണ് സായിപ്പിനോടെ കണ്ണുകൊണ്ട് ഇന്ദ്രിയം കണ്ണ് വസ്തുവർത്ഥം സന്നികർഷം സന്നികർഷം സംബന്ധം കൊണ്ട് പ്രത്യക്ഷം ഞാനും ഉണ്ടാവുന്നു ഇതിന്റെ ചാക്ഷിഷ പ്രത്യക്ഷമുണ്ടാവും കണ്ണുകൊണ്ടുണ്ടാകുന്ന പ്രത്യക്ഷം ഞാനും ഉണ്ടാകുന്നു അതാണ് സംഭവിക്കുന്നത് ഇത് ഒരു കൊണ്ട് ഉണ്ടായി അപ്പോഴാണ് ഒരാളെന്ന് പറഞ്ഞു കൊടുക്കുന്നത് ഇതാണ് കൌ അപ്പൊ അതിന് അതിന്റെ ശബ്ദത്തെ കുറിച്ചുള്ള ഉണ്ടായി പശുവിന്റെ പ്രത്യക്ഷം ഉണ്ടായി ഇനി വേറൊരു സന്ദർഭത്തിൽ സാഹിത്യോട് ഞാൻ പറയുന്നു കൌ എന്നു പറഞ്ഞു കഴിഞ്ഞാൽ സായിപ്പിന് പശുവിനെ കുറിച്ചുള്ള ഞാനും ഉണ്ടാവു പശു പശു അല്ല കൗ കവു കവെന്ന് പറഞ്ഞു കൊടുത്തു ഇനി പശു ഒന്നുംപേ ഇല്ല ഞാൻ കവെന്ന് പറഞ്ഞാ സായിപ്പിന് പശുവിനെ കുറിച്ചുള്ള ഞാനും ഉണ്ടാവു പ്രത്യക്ഷം ഞാനാണോ അത് ശബ്ദം ഞാനും മനസ്സിലായോ പശു എന്ന് പറയുന്ന ഒരു ജീവിയെ സംബന്ധിച്ച് സായിപ്പിലുണ്ടാകുന്ന പ്രത്യക്ഷ ജ്ഞാനം വേറെ ശബാബ്ദാനം വേറെ രണ്ടും രണ്ടാണ് ഇത് വ്യക്തമായി മനസ്സിലാകണം പശു എന്ന് പറയുന്ന ജീവിയെ സംബന്ധിച്ച് ഇത്രയൊക്കെ ഉണ്ടെങ്കിൽ അയാള് പശുവിനെ കുറിച്ചുള്ള അപ്രത്യക്ഷമായ ജ്ഞാനം അയാൾക്ക് വേണം കവു എന്ന് പറയുന്ന ശബ്ദത്തിന്റെ അർത്ഥം അതാണെന്ന് അറിഞ്ഞിരിക്കണം ഇതൊക്കെ അറിഞ്ഞിരുന്നു കഴിഞ്ഞാൽ പശു മുമ്പിൽ ഇല്ലാത്ത സമയത്ത് സാഹിപ്പിനോട് കവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാഹിപ്പിന് പശുവിന്റെ ജ്ഞാനം ഉണ്ടാകും പക്ഷെ അത് പ്രത്യക്ഷ ജ്ഞാനമല്ല ശബ്ദത്തിൽ നിന്നുണ്ടായത് കൊണ്ട് അതിനെന്തു പറയും ശബ്ദജ്ഞാന ഇനി ഒരാളോട് പറയുന്നു ദത്ത മസി എന്ന് പറയുന്നു അയാക്കൊണ്ടാകുന്ന ആ ജ്ഞാനം ശബ്ദത്തിൽ നിന്നുണ്ടായി ശബ്ദം ഇത് പ്രത്യക്ഷണോ എന്തുകൊണ്ട് ശബ്ദം പര്യാപ്തമാണ് പശു മുമ്പേന്ന് കണ്ടു കഴിഞ്ഞാൽ പശുവിനെ കണ്ടു കഴിഞ്ഞാ ഉണ്ടാവും പ്രത്യക്ഷം ഞാൻ കണ്ണുകൊണ്ട് കണ്ടുണ്ടാവും ഇയാള് തത്തുമസീന്ന് കേട്ട് കഴിഞ്ഞ അയാള് കണ്ണുകൊണ്ട് ബ്രഹ്മത്തെ കണ്ടിട്ട് ഞാൻ ബ്രഹ്മമാണെന്നറിയൂ അപ്പൊ പ്രത്യക്ഷം ഞാൻ ഉണ്ടാവും പിന്നെന്ത് ശബ്ദം ഞാനും ഉണ്ടാവും പിന്നെ ഞാനും ഉണ്ടാവുന്നു ഇതിന്റെ പ്രത്യക്ഷം ഒന്നും പറയാം എന്തുകൊണ്ട് പറയാമെന്ന് വെച്ചുകഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞു ്രഹ്മജ്ഞാനം എന്ന് പറയുന്നത് ഒരു മനോവൃത്തിയാണോ മനസ്സിനൊരിയമായിട്ട് എടുക്കുകയാണെങ്കിൽ മനസ്സുകൊണ്ടല്ലേ ജ്ഞാനം ഉണ്ടായത് അപ്പോൾ അത് പ്രത്യക്ഷം ജ്ഞാനമായി ഇന്ദ്രിയധന്യമായ ജ്ഞാനമാണ് പ്രത്യക്ഷ മനസ്സിന് ഇന്ദ്രിയമായിട്ട് എടുത്താൽ മതി ഇക്കാര്യങ്ങളൊക്കെ അദ്വൈതികളുടെ ഇടയിൽ തർക്കമുണ്ട് വേണ്ട നമുക്ക് പൊതുവായ അറിവിന് വേണ്ടി ഞാൻ പറയരുത് പ്രത്യക്ഷമാണോ അല്ലേ മനസ്സ് ഒരിന്ദ്രിയമാണെന്നെടുത്താൽ പ്രത്യക്ഷം ജ്ഞാനമാണ് ഇനി അല്ല അതിനൊക്കെ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അതിനെ പറയാം അപരോക്ഷം ഞാൻ മനസ്സുകൊണ്ട് പക്ഷെ ആ ജ്ഞാനത്തിന് എന്തുപറയും അപരോക്ഷം അപ്പൊ ഇന്ന് പ്രത്യക്ഷം എന്നുള്ള വാക്ക് വന്നില്ലല്ലോ പ്രത്യക്ഷം എന്ന് പറഞ്ഞാലും കുഴപ്പമൊന്നുമില്ല മനസ്സേന്ദ്രിയമാണെങ്കിൽ അത് പ്രത്യക്ഷം ഞാൻ അല്ല മനസ്സിന് ഇന്ദ്രിയമാണെന്നൊക്കെ പറയുമ്പോൾ മനസ്സിലാക്കാൻ പ്രയാസമാണെങ്കിൽ ഇത് അപരോക്ഷം ഞാൻ എന്തായാലും ഇത് അജ്ഞാന സംശയ വലിയ അജ്ഞാനവും സംശയവും വിവരവും ഇല്ലാത്ത ജ്ഞാനമാണ് ഇത് ദൃഢബോധം ആണ് അതുകൊണ്ട് അജ്ഞാനം പോയി ഈ ജ്ഞാനം എന്ന് പറയുന്ന എന്ത് ജ്ഞാനം എന്ന് പറഞ്ഞാലും ഇതൊരു മനോവൃത്തിയാണ് ഈ ജ്ഞാനത്തിന് ബ്രഹ്മം എന്ന് എന്തുകൊണ്ട് പറഞ്ഞുകൂടാ ജ്ഞാനം ബ്രഹ്മം തന്നെ എന്ന് എന്തുകൊണ്ട് പറഞ്ഞുകൂടാ കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞൂടാ ബ്രഹ്മം എന്ന് പറയുന്ന നിർഗുണമായ ഒരു സാധനമാണ് അത് എന്താണ് കേവലമായ അറിവാണ് ശുദ്ധമായ അറിവാണ് ഉപാതിരഹിതമായ അറിവാണ് അതിനു മറ്റൊന്നും ആകാൻ പറ്റത്തില്ല അതിനൊരിക്കലും ഒരു വൃത്തിജ്ഞാനമാകാൻ പറ്റത്തില്ല വൃത്തിജ്ഞാനം എന്ന് പറയുമ്പോ എന്താണ് അതിന്റെ അതൊരു പരിണാമമാണ് വൃത്തിജ്ഞാനം പരിണാമമാണ് എന്തിന്റെ പരിണാമം എന്താ കർമ്മത്തിന്റെ ബ്രഹ്മം പരിണമിക്കുന്നുണ്ട് മനസിലായോ ബ്രഹ്മം പരിണമിച്ച് മറ്റൊന്നായി മാറുന്നതല്ല നിർഗുണമാണ് അതുകൊണ്ട് ബ്രഹ്മത്തിന്റെ ജ്ഞാനം ഒരാൾക്കുണ്ടാവും ആ ബ്രഹ്മജ്ഞാനം വൃത്തിജ്ഞാനമാണ് അന്ധക്കരണ പരിണാമമാണ് അത് ബ്രഹ്മമല്ല ബ്രഹ്മത്തിനൊന്ന് വേറെയാള് അത് ഉണ്ടാകുന്നതാണ് നശിക്കുന്നാണ് എല്ലാമാണ് അങ്ങനെ ജ്ഞാനം ആ ജ്ഞാനം ഉള്ളവനാണ് ജ്ഞാനി എന്ന് പറയുന്നത് ജ്ഞാനി എന്ന് പറഞ്ഞാൽ ബ്രഹ്മത്തെ സംബന്ധിച്ചുള്ള ജ്ഞാനം ഉണ്ടാകുന്നവൻ എന്ന് പറയുന്നു ഇനി ബ്രഹ്മജ്ഞാനത്തിന് ബ്രഹ്മമെന്നും പറയാമോ അത് ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞാണ് അങ്ങനെയാണ് പറഞ്ഞത് ഞാൻ പറഞ്ഞത് പറയുന്നു എവിടെന്നെങ്കിലും എന്തെങ്കിലും തലയും മാലും ഇല്ലാതെ പഠിച്ചു വെച്ചിരിക്കുന്നു നമ്മളൊക്കെ കഴിഞ്ഞ ദിവസം പറഞ്ഞു ആശ്രയിച്ച ഞാൻ പറഞ്ഞാണ് ഇതാ ഞാൻ പറയുന്നത് എത്രയോ തവണ പറഞ്ഞു ഗ്രഹാഭി കഴിഞ്ഞ ക്ലാസ് കേട്ടോ കേട്ടവര് പറയുന്നില്ല പിന്നെയാണ് കേട്ടവര് ചിലപ്പോ കേക്കാത്തവരും പറയാം പറഞ്ഞുകൂടാന്നൊന്നു ഞാൻ വെറുതെ അങ്ങനെ പറഞ്ഞു പറയാൻ പാടില്ല എന്നൊന്നും അനന്യത്വ പറഞ്ഞോണ്ട് ഊഹാപോഹ വിചക്ഷണന്മാരാണ് ഈ പറയുന്ന മുഴുവൻ എന്താ ഊഹാപോഹമാണ് അനവരെന്താ ഉദാഹരണം പറയുന്നത് മണ്ണിൽ നിന്ന് ഉണ്ടാക്കിയ കുടം മണ്ണ് തന്നെ വെള്ളത്തിൽ നിന്നുണ്ടായ തരംഗം വെള്ളം തന്നെ ബ്രഹ്മഭിന്നമായ സർവ്വതും ബ്രഹ്മത്തിൽ നിന്നുണ്ടായതാണ് ഉണ്ടെല്ലാം ബ്രഹ്മ ഭിന്നമാണ് നിങ്ങളീ പറയുന്ന അന്ധക്കരണം അതിന്റെ ഭക്തി ജ്ഞാനം എല്ലാ അതെല്ലാം എന്ത് തന്നെ അങ്ങനെയും പറയാം അതിനാണ് അപ്പൊ ഇതൊക്കെ യുക്തിയിലൂടെ സമർത്ഥിക്കുകയാണ് ഒരു കാര്യത്തെ യുക്തിയിലൂടെ സമർത്ഥിക്കാന്ന് പറഞ്ഞ എന്താ അതിന്റെ പ്രത്യേകത സിദ്ധാന്തി എത്രയോ തവണ പറഞ്ഞിട്ടുണ്ട് ആ ഒരു കാര്യം യുക്തിയിലൂടെ പറയാന്ന് വെച്ചാൽ പഴയ രീതിയാണ് ഒരു ഉദാഹരണം എടുത്തു വയ്ക്കുക എന്നിട്ട് ആ ഇതുപോലെയാണെന്ന് പറയുക അതിനാണ് യുക്തിയിലൂടെ പറയുക നമ്മളെന്തെങ്കിലും ഒരു കാര്യം യുക്തിയിലൂടെ പറയണമെങ്കിൽ അതിന് ഉദാഹരണം എടുത്തു വയ്ക്കണം മനസിലാകാം പറയാണ് ഈ പ്രപഞ്ച ഈ കാണുന്ന പ്രപഞ്ചമൊന്നും ബ്രഹ്മത്തിൽ നിന്ന് വേറെയല്ല എന്ന് പറയുന്നത് ഒരു സിദ്ധാന്തം അനന്യത്ത് വിദ്യ പറഞ്ഞ ഞങ്ങൾ എങ്ങനെ മനസ്സിലാക്കാതെ മനസ്സിലായ എന്താണ് മണ്ണിൽ നിന്നുണ്ടായ പടം മണ്ണിൽ നിന്നും വേറെയല്ല ഉദാഹരണം വന്ന ഇപ്പൊ മനസിലായ സംഗതി ഇപ്പൊ മനസിലായ അതായത് ഒരാൾ പറയാൻ ഈ ബ്രഹ്മത്തിൽ നിന്നുണ്ടായ പ്രപഞ്ചം ്രഹ്മത്തിൽ നിന്ന് വേറെയല്ല എന്ന് പറഞ്ഞാൽ വല്ലതും മനസ്സിലാവു ഇല്ല അപ്പോഴാണ് പറയുന്നത് അത് മനസ്സിലാക്കി തരാം മണ്ണിൽ നിന്നുണ്ടായ കുടം മണ്ണിൽ നിന്ന് വേറെയല്ല എന്ന് പറഞ്ഞാ മനസിലാവു എങ്ങനെ മനസിലാവും എന്തുകൊണ്ട് എന്തുകൊണ്ട് എന്ന് പറഞ്ഞാ മതി അതെങ്ങനെ മനസ്സിലാവും അതായത് നിങ്ങ നിങ്ങള് പറയേണ്ടത് മണ്ണിൽ നിന്നും ഉണ്ടാക്കിയ കുടം മണ്ണിൽ നിന്ന് വേറെയല്ല എന്ന് പറഞ്ഞാൽ ഞങ്ങള് അംഗീകരിച്ചു പോകുന്ന എന്തെന്ന് വെച്ച് കഴിഞ്ഞാ പുറത്തെടുക്കാൻ നോക്കത്തില്ല പറ്റൂ എത്ര മെടുക്കൻ വിചാരിച്ചാലും ഒരിക്കലും പണ്ടൊരു ആചാരി പണിയാൻ പോയി എന്തു പണിയാണ് മൺമട്ടി അതിന്റെ തുളയിട പോയി ഒരു തുളയിട്ട് കൊടുത്തു രണ്ടു രൂപ പോയി തുളയിട്ട് അപ്പോ ആശാരി പറഞ്ഞ പോലെ എനിക്ക് പത്ത് രൂപ വേണോന്ന് പറഞ്ഞു നമ്മ തുളയിടിയിച്ചാട് പറഞ്ഞു കാര്യം നീ നിന്റെ തുളയെടുത്തോണ്ട് പോക്കോ എന്റെ തടി ഞാൻ തിരിച്ചു ഞാൻ രണ്ടു രൂപ കൂടെ തരത്തില്ല ആശാരി എന്ത് ചെയ്യും നീ എടുത്തോ തടീങ്ങൂപയെ ഞാൻ തരത്തുള്ളൂന്ന് പറഞ്ഞ ആചാര്യ നീളെ ഇതാണ് യുക്തി തടീന്നും തുള എടുത്തോണ്ട് പോവാൻ പറ്റത്തില്ല മനസിലായ തടിയ തുളയെടുത്തോണ്ട് പോകാൻ പറ്റത്തില്ല പിന്നെ എന്ത് ചെയ്യണം ഈ രണ്ടു രൂപ വാങ്ങിച്ചോണ്ട് പോകാനേ പറ്റും ഇതാണ് ഈ വേദാന്തം എന്ന് പറയുന്നത് ഈ തണിയാണ് വേദാന്തം എന്ന് പറയുന്നതിൽ ഇത്രേ ഉള്ളൂ എന്താണ് തടിയും തുളയും പോലെ ഉള്ളു അവസാനം പറയും എന്ന ഒരു കാര്യം ഇനി തുളയെടുത്തോണ്ട് ഒരു അയ്യോ അത് പറ്റില്ലല്ലോ തമ്പുരാന് എന്ന് പറഞ്ഞ പിന്നെ രണ്ടു രൂപ വായിച്ചോണ്ട് പോകും പറഞ്ഞു മനസിലായോ മണ്ണിൽ നിന്ന് ഒരിക്കലും കുടത്തെ വേറെയാക്കാൻ പറ്റത്തില്ല എന്തുണ്ട് കുടത്തെ വേറെയാക്കണമെങ്കിൽ കുടം എടുത്തു വെച്ചിട്ട് അതിൽ നിന്ന് മണ്ണിനെങ്കിൽ പുറത്തെടുക്കണം പറ്റൂ നടക്കുന്ന കാര്യം അതുകൊണ്ടെന്ത് അപ്പൊ സമ്മതിച്ചു കൊടുക്കാണ് അങ്ങനെയാണെങ്കി ശെരി എന്താണ് മണ്ണിൽ നിന്ന് കുടം വേറെയല്ല കുടം മണ്ണ് തന്നെ സമ്മതിച്ചേ പറ്റും ഒരു നിവർത്തിയില്ല അവിടെ പിന്നെ ഒരു രക്ഷില്ല കുടം മണ്ണ് തന്നെ സമ്മതിച്ചാലേ പറ്റൂ അതുപോലെ കാണാം ബ്രഹ്മത്തിൽ നിന്നാണ് ഈ പ്രപഞ്ചം മുഴുവരിക്കുന്നത് മണ്ണിൽ നിന്നും കുടം ഉണ്ടായതുപോലെ അത് ബ്രഹ്മത്തിൽ നിന്ന് വേറിട്ടൊരു പ്രപഞ്ചം ഇല്ല അതിന്റെ ഒരു യെല്ലോ സൃഷ്ടിയും ശ്രഷ്ടാവായുതും സൃഷ്ടിജാ ഈ പറയുന്ന കാര്യം തന്നെയാണ് അദ്വൈതികളും നിരന്തരം പറയുന്ന കാര്യമാണ് അപ്പോ ബ്രഹ്മത്തിൽ നിന്ന് വേറിട്ടൊന്നുമില്ല അങ്ങനെയാണെങ്കിൽ ബ്രഹ്മജ്ഞാനം എന്ന് പറയുന്നത് എന്ത് തന്നെ ബ്രഹ്മം തന്നെ അങ്ങനെയും പറയാം അതൊരു യുക്തി അപ്പൊ യുക്തി പറയാൻ വേണ്ടി ഉദാഹരണം പറയും ദൃഷ്ടാന്തം പറയും ദൃഷ്ടാന്തത്തെ ദൃഷ്ടാന്തത്തെ നോക്കുമ്പോ ശരിയല്ല അപ്പൊ യുക്തി അംഗീകരിക്കേണ്ടി വരും ഇതിനാണ് യുക്തിവാദം എന്ന് പറയുന്നത് യുക്തിവാദത്തെ അദ്വൈതികളും കാര്യങ്ങൾ വിശദീകരിക്കാൻ വേണ്ടിയും മറ്റുള്ളവരോട് തർക്കിക്കാൻ വേണ്ടിയും ഉപയോഗിക്കുമെങ്കിലും ഒരു സമർത്ഥിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുമെങ്കിലും അതിനൊരു പ്രമാണമായിട്ട് അംഗീകരിക്കില്ല അദ്വൈതത്തിന് പ്രമാണമായിട്ട് എന്തിനാ സ്വീകരിക്കുവോ ഉപനിഷനിഷ് വേദം ശബ്ദ പ്രമാണെങ്ങനെ സ്വീകരിക്കും എന്തുകൊണ്ടാണ് അങ്ങനെ സ്വീകരിക്കുന്നത് ഈ യുക്തിയെ ഒരു പരി ഇങ്ങനെ തർക്കിക്കാനൊക്കെ ഉപയോഗിക്കും അതിനപ്പുറം യുക്തി എന്തുകൊണ്ടാണ് ഉപയോഗിക്കാത്തത് വാക്കുകൾക്കൊണ്ട് എത്താൻ പറ്റാത്തതുണ്ട് നിർവീകാരമായ അതിന്റെ അകത്തൊരു രഹസ്യമുണ്ട് പറയണോ ഹസ്യം പറയലോ പറയല്ലോ എന്തുകൊണ്ട് ഈ തീ സ്വീകരിക്കുന്നില്ല ദൃഷ്ടാന്തം കൊടുക്കാനില്ലേ അതൊക്കെ നമ്മള് പൊതുവെ മതപ്രഭാഷത്തിൽ കേൾക്കുന്നതാണ് അതൊന്നെ രഹസ്യമാണോ അതായത് നോക്കി ധാരണ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കണം മണ്ണിൽ നിന്ന് ഉണ്ടാക്കിയ കുടം ഒണ്ണ തന്നെ അവിടെ ഒരു കാര്യകാരണഭാവണഭാവം മണ്ണ് കാരണം കാര്യം അതുകൊണ്ട് ഇക്കാര്യത്തിൽ നമുക്ക് ഒരാളിങ്ങനെ ഒരു ഉദാഹരണം എടുത്ത് പറഞ്ഞാൽ നമുക്കത് അംഗീകരിക്കാൻ നമ്മൾ നിർബന്ധിതരായിത്തീരും വ്യക്തി അംഗീകരിച്ചേ പറ്റൂ ഇനി ബ്രഹ്മവും പ്രപഞ്ചവുമായിട്ട് വരാം ബ്രഹ്മമാണ് കാരണം പ്രപഞ്ചമാണ് കാര്യം ബ്രഹ്മമാണ് കാരണം പ്രപഞ്ചമാണ് കാര്യം അപ്പൊ ബ്രഹ്മത്തിൽ നിന്നുണ്ടായ ആ പ്രപഞ്ചം ബ്രഹ്മത്തിൽ നിന്ന് വേറെയല്ല നേരത്തെ പറഞ്ഞ യുക്തി അനുസരിച്ചത് ശരിയാണോ ശരിയാണെന്നോ പക്ഷേ ഇതിനകത്തൊരു വല്യ രഹസ്യം കട കൊണ്ടെന്നാണ് കാര്യകാരണ ലക്ഷണമായിട്ട് അതായത് എങ്ങനെ ബ്രഹ്മത്തിൽ നിന്ന് പ്രപഞ്ചം ഉണ്ടായിന്ന് പറയുന്ന ആ കാര്യകാരണഭാവത്തെ സമർത്ഥിക്കാനാണ് ഈ പറഞ്ഞത് അല്ലേ ഇനി ബ്രഹ്മം ഈ ബ്രഹ്മം എന്ന് പറയുന്ന സാധനം ഈ എടുക്കാ ചരക്ക് ഈ ചരക്ക് ഉണ്ടെങ്കിലല്ലേ അതിൽ നിന്ന് പ്രപഞ്ചം ഉണ്ടാകത്തുള്ളു അത് വേണ്ടേ ഇത് ഉണ്ട് എന്നങ്ങനെ മനസ്സിലാക്കും എന്തെങ്കിലും വിളിച്ചോ വേദം പറഞ്ഞു വേറെ ഒരു വഴി ഇല്ല ബ്രഹ്മുണ്ടെന്നറിയാൻ ഒരൊറ്റ വഴിയേ ഉള്ളൂ എന്താണ് വേദം പറഞ്ഞു ഇതിന് നമുക്ക് തെളിവുണ്ട് നമ്മുടെ ഉമ്മിലെന്താണ് മണ്ണും ഉണ്ട് കുളവുമുണ്ട് പ്രപഞ്ചം നമ്മുടെ ഉമ്മിലുണ്ട് അതൊരു സംശയം പക്ഷെ ഈ പ്രപഞ്ചം ബ്രഹ്മത്തിൽ നിന്നുണ്ടായി നമ്മളങ്ങനെ അറിയും ഇത് തമ്മിൽ കാര്യകാരണമാവുന്നുണ്ടെന്ന് അങ്ങനെ അറിയും അത് വേദം പറഞ്ഞാലും അറിയാം ഏതോ വായുമാന് ഭൂതാന് ഏതാതാന് ജീവന്തി വേദം പറഞ്ഞിരിക്കുകയാണ് ഒത്തിരിയുണ്ട് ബാക്കിയറിയാൻ ഒരേ ഒരു വഴിയുള്ളു എന്ത് വേദം വേദത്തിൽ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നു പക്ഷെ വേദത്തിൽ പറഞ്ഞിരിക്കുന്നോണ്ട് ബ്രഹ്മം ഉണ്ടാവുമോ അനന്ത ഉറപ്പ് ഞാതൊരു പ്രശ്നമല്ലേ വേദത്തിൽ പറഞ്ഞു ബ്രഹ്മണ്ടേദത്തിൽ പറഞ്ഞത് കൊണ്ട് ബ്രഹ്മുണ്ടാവും അങ്ങനെന്താ ഉറപ്പ് വേദം ദൈവം പറഞ്ഞു ഇങ്ങനെ ലോചിക്കഞിച്ചത് അതായത് ഈ തടിയാണ് കാരണം അതിന് മേശയുണ്ടായി തടി മാത്രമേ ഉള്ളു അതെല്ലാം മണ്ണിന്റെ കുടത്തിന്റെയും കാര്യം പറഞ്ഞു അതെ അതെ അത് തന്നെ നിങ്ങളെ പോലെയുള്ള പൊട്ടന്മാരടുത്ത് ഇത്രയും പറഞ്ഞാ മതി അതന്നെ ഞാൻ പറഞ്ഞ രഹസ്യമാണെന്ന് ബാക്കി പറയത്തില്ല നിങ്ങളെയൊക്കെ എന്താണ് കണ്ണടച്ചിരുട്ടാക്കാൻ ഇത്രയും മതി അപ്പൊ നിങ്ങൾ ഒരിക്കലും ചോദിക്കത്തില്ല ശരി മണ്ണ് കുടം കുടം മണ്ണ് തടി മേശ മേശ തടി ഇത് തന്നെ മനനം ചെയ്യാൻ പറഞ്ഞത് പിന്നെ മുറിപ്പോയിരുന്നിത് തന്നെ എങ്ങനെ ചിന്തിച്ചോണ്ടിരിക്കും ഒരിക്കലും ചിന്തിക്കത്തില്ല ശരി ഇത് ശരിയാണ് മണ്ണും കുടവും ശരിയാണ് പക്ഷെ ഈ ബ്രഹ്മത്തിൽ നിന്ന് പ്രപഞ്ചം ഉണ്ടായെന്ന് പറഞ്ഞപ്പോൾ ഈ ബ്രഹ്മ ഏതാ ഇതെവിടുന്നുണ്ടായി പ്രപഞ്ചകാരണമായി ബ്രഹ്മം ഒന്നുണ്ടെന്ന് നമ്മളെങ്ങനെ അറിയും എന്നു നിങ്ങൾ ചോദിക്കാറില്ല ബ്രഹ്മ നിസാര സംഗതിയാണ് ബ്രഹ്മം എന്ന് പറയുന്ന ചീപ്പ് സാധനം വല്ലതാണ് ഈ പ്രപഞ്ചം മുഴുവൻ ഉണ്ടാക്കിയാണ് മനസിലായോ ഇതുപോലെ അതുകൊണ്ട് അല്ല അതിന് പ്രമാണം വേണം വിശ്വാസം എന്ന് പറയുന്നത് എന്താണോ പിന്നീട് വരുന്ന കാര്യമാണ് ആദ്യം ബ്രഹ്മം ഉണ്ടെന്ന് പറഞ്ഞുകഴിഞ്ഞാൽ വിശ്വാസ അവസാനം വരുന്നേ ബ്രഹ്മുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്രഹ്മം ഉണ്ടെന്ന് ആര് പറഞ്ഞ് എങ്ങനെ മനസ്സിലാക്കും ബ്രഹ്മമാണ് പ്രപഞ്ചം ഉണ്ടാക്കിയെന്നെങ്ങനെ മനസ്സിലാക്കിയെന്ന് നിങ്ങളുടെ ഒരു ചോദ്യം ചോദിച്ചു കഴിഞ്ഞു ഞാൻ എന്തുത്തരം പറയും പറയണ ഗുരു പറഞ്ഞു അല്ലെങ്കിൽ ശാസം ഏത് ശാസ്ത്രം ശാസം പറഞ്ഞെന്ന് പറയുന്നുണ്ടല്ലോ ഏതാ ശാസ്ത്രം അപ്പൊ പറയും ഏതോന്നു പറയും വേറെ ഉപനിഷത്ത് അപ്പൊ ഉപനിഷത്ത് ആണ് പറയുന്നത് ബ്രഹ്മത്തിൽ ആണ് പ്രപഞ്ചം ഉപനിഷത്ത് പറഞ്ഞോണ്ട് അത് ശരിയാകും അതെന്തുകൊണ്ട് ശരിയാകുന്നു അത് ഈ ഉപനിഷത്ത് ദൈവം പറഞ്ഞു അതുകൊണ്ട് അത് ശെരിയാണ് നമ്മുടെ പഴയ ബൈബിളുടെ കുറാനുള്ള നിതിന്റെ ആദ്യന്തികമായിട്ട് പ്രപഞ്ചം നിത്യെന്ന് പറഞ്ഞ തള്ളിക്കളയാണ് ഈ ഒരു ലെവലിൽ നിന്ന് മനസ്സിലായിക്കൊണ്ട് ഹൈ ലെവലില് ഈ പ്രപഞ്ചം ഇല്ലാന്ന് തന്നെ പറയുന്നത് നമുക്ക് ഹൈ ലെവലിലൊക്കെ പോകുന്നു ബ്രഹ്മത്തിനെ പിടിയിട്ടുണ്ടേ അതായിക്കോട്ടെ ഹൈ ലെവലിൽ പോയി തള്ളിക്കളഞ്ഞാലും തള്ളിക്കളയാനൊരു പ്രപഞ്ചം വേണ്ടേ ബ്രഹ്മം വേണ്ടേ ബ്രഹ്മ എങ്ങനെ ഉണ്ടാവും പറയുന്ന ഐഡിയ നമുക്ക് കിട്ടണമെങ്കിൽ എവിടെ നിന്ന് കിട്ടും നമുക്ക് അതിനെ കുറിച്ചുള്ള അറിവ് നമുക്ക് എവിടെ നിന്ന് കിട്ടും ഉപൻഷത്തി നല്ല കിട്ടും ഉപൻഷത്തി പറഞ്ഞിരിക്കുന്ന ബ്രഹ്മം ഉണ്ടെന്ന് ഈ ഉപനിഷത്ത് പറഞ്ഞിരിക്കുന്നത് ശരിയാണെന്ന് നമ്മള് എങ്ങനെ ബോധ്യപ്പെടും എന്തുകൊണ്ട് നമ്മൾ അത് അംഗീകരിക്കണം ആ പറഞ്ഞു ശരിയാണെന്ന് വിശ്വാസം എന്ത് വിശ്വാസം അതെന്ന ഗുരു പറഞ്ഞ് എന്തിനാ വിശ്വസിക്കുന്നത് ഗുരു പറയണ എനിക്ക് രണ്ട് കൊമ്പണ്ടൊന്നു പറഞ്ഞാ നമ്മള് വിശ്വസിക്കൂ ശാസ്ത്രത്തെ തന്നെ ശാസ്ത്രത്തെ എന്തിനു വിശ്വസിക്കണം നമ്മള് ചോദ്യം ശാസ്ത്രമല്ലാതെ ഏഹ് അതന്നെ ശാസ്ത്രത്തിൽ പറഞ്ഞു എന്ന് പറഞ്ഞാൽ നമ്മളതിനെന്തിനു വിശ്വസിക്കണമെന്നാ ചോദിക്കുന്നത് വിശ്വസിക്കുന്നതിനുള്ള ആധാരം എന്താണോ അവിടെയാണ് പറയുന്നത് അത് ദൈവം പറഞ്ഞാണ് ദൈവം പറഞ്ഞുകൊണ്ട് അത് വിശ്വസിക്കുന്നു മനുഷ്യരാടെ ഉണ്ടാക്കിയത് ദൈവം പറഞ്ഞാണ് അവിടെയാണ് വിശ്വാസം വേണ്ടി വരുന്നത് എവിടെ ദൈവം പറഞ്ഞാണ് അതായത് ഹണ്ടർ ഗാദേഴ്സ് എന്ന് പറയുന്ന മനുഷ്യരെ മനുഷ്യൻ കൃഷി ചെയ്യുന്നതിന് മുമ്പ് മനുഷ്യരാണെന്ന് പറയുന്ന ഹണ്ടർ ഗാദേസ് എന്നുവെച്ചാൽ വേട്ടയാടിയും പിറക്കിൽ ജീവിച്ച മനുഷ്യർ അവരിങ്ങനെ കാട്ടുകളിലൊക്കെ കാടുകളിലൊക്കെ ആണെന്നപ്പോ അവര് ചിന്തിച്ചും പാട്ടുപാടി സന്തോഷിച്ചും വെള്ളം അടിച്ചും ഒക്കെ കാണുന്ന സമയത്ത് അവര് പാടിയ പാട്ടുകളാണ് വേദം ഇതാണ് ഇവര് ദൈവം പറഞ്ഞേന്ന് ഈ പൊട്ടന്മാരുടെ പറഞ്ഞ് പറ്റിക്കുന്നു മനുഷ്യൻ പറഞ്ഞേനത് ദൈവം പാടിയല്ല അല്ല ഈ ഫൈനലി വേദവും വ്യക്തിയാണെന്നാണ് പറയുന്നത് പിന്നെ ബ്രഹ്മം എന്തുകൊണ്ട് മിറ്റിയായില്ല എല്ലാർക്കും മിറ്റിയാക്കാനൊക്കെ ആന കൂടെ അങ്ങ് മിത്തിയാക്കില്ല പണി കഴിഞ്ഞു കേട്ടോ പിന്നെ നമുക്ക് ദൈവം പറഞ്ഞെന്ന് പറയുന്നുണ്ടോ അത് പറയുന്നുള്ളൂ ആ അപ്പൊ ദൈവം പറഞ്ഞത് എന്ന് പറയുന്നത് നമുക്ക് വിശ്വസിച്ചല്ലേ പറ്റൂ അവിടെ നിങ്ങൾക്ക് എന്ത് വേണം എന്ത് വേണം അവിടെ മനുഷ്യപരിണാമത്തെ കുറിച്ചുള്ള അറിവ് വേണം മനസിലായോ ഹ്യൂമൻ എവല്യൂഷനെ കുറിച്ചുള്ള അറിവ് വേണം വേദ എപ്പോ ഉണ്ടായി ആര് പറഞ്ഞു ദൈവം പറഞ്ഞ അതോ നമ്മുടെ പൂർവികന്മാരായ മനുഷ്യര് പറഞ്ഞ എന്നുള്ള അറിവാണ് മനുഷ്യന്റെ അന്നത്തെ ജീവിതം അവരുടെ സന്തോഷം ദുഃഖം സംഘർഷങ്ങൾ അവരുടെ ചിന്തകള് ഇതെല്ലാം അവര് സംഗീതമായി പറഞ്ഞതാണ് വേദം എന്നുള്ള മനുഷ്യന്റെ പരിണാമ അവന്റെ എല്ലാ സ്കില്ലുകളും എങ്ങനെ മനുഷ്യൻ ഡെവലപ്പ് ചെയ്തു അവനെന്തോലും സംസാരിക്കാൻ തുടങ്ങി അവനെ എങ്ങനെ ചിന്തിക്കാൻ തുടങ്ങി അവിടെയാണ് നമുക്ക് എന്തിനെ കുറിച്ചറിയേണ്ടത് ഇമോഷണൽ ഇന്റലിജൻസിനെ കുറിച്ചൊക്കെ അറിയണ്ട് ഇതൊക്കെ മനസ്സിലാക്കിയാല് ഈ പറയുന്ന പൊട്ടത്തരങ്ങളുടെയൊക്കെ കല്ലും നെല്ലും തിരിച്ചറിയാൻ പറ്റും കല്ലും തിരിച്ചറിയണം മനസിലായോ ഇതെല്ലാം ഒന്ന് മനസ്സിലാക്കി അപ്പൊ കാരണം ഈ ചോദ്യങ്ങൾ ഒന്നിന് പിറകെ ഒന്നിന് ചോദ്യം വരുമ്പോ എന്താണ് ആ ചോദ്യങ്ങളെ പ്രതിരോധിക്കുന്നതിന് വേണ്ടിട്ട് ചോദ്യങ്ങൾക്ക് പ്രതിരോധിക്കാൻ കഴിയാത്തോണ്ട് പറയുന്നത് ശ്രദ്ധസ്വ നീ വിശ്വസിക്കൂ ഇനി ചോദിക്കരുത് ഞാനീ പറയുന്ന നീ വിശ്വസിച്ചോളൂ അത് ബൈബിളായാലും ഖുറാനായാലും വേദമായാലും എല്ലാത്തിലും പറയുന്നത് എന്താണ് നീതി വിശ്വസിക്കുക എന്ന് പറഞ്ഞ എന്തു ചെയ്യരുത് ചോദ്യം ചെയ്യരുത് ടെസ്റ്റ് ചെയ്യരുത് മനസിലായോ ചോദ്യം ചെയ്യരുത് ടെസ്റ്റ് ചെയ്യരുത് ചോദ്യം ഇനി ചോദിക്കാം പാടില്ല എന്നൊന്നുമില്ല ഓഹം കുതോ ജഗതി സ്വാമി വധത്വം പ്രഭോ പന്തു നീതല്ലേ നീ ചൊന്ന് ചോദിക്കുക പക്ഷെ ഉത്തരം കിട്ടിയാ നീ എന്ത് ചെയ്യണം വിശ്വസിച്ചോളാം ഇതാണ് ദർശനവും സയൻസും തമ്മിലുള്ള വ്യത്യാസം അപ്പൊ യുക്തി എന്ന് പറയുന്നതിന് വലിയ കാര്യൊന്നുമില്ല യുക്തി യുക്തിവാദം എന്ന് പറയുന്നത് ഇതുപോലെയാണ് ഇതുപോലെ പറഞ്ഞു പറഞ്ഞു പറഞ്ഞു പറഞ്ഞു പോകാം തർക്കങ്ങൾ പറഞ്ഞു പറഞ്ഞു പറഞ്ഞു പറഞ്ഞു പോകാം അപ്പൊ അതിലൂടെ നിങ്ങൾക്ക് ഞാൻ ചോദ്യങ്ങൾ ചോദിച്ചു ചോദിച്ച അവസാനം അവിടെ ചെന്നേക്കേണ്ടി വരും ഒരു വിശ്വാസത്തിനെത്തിച്ചേരുക മതിയെങ്കിൽ അത് മതി വേണ്ടെന്നായിരുന്നു പറഞ്ഞു എനിക്കങ്ങനെ വിശ്വസിക്കാനായിട്ടു ഞാൻ അവിടെ ബ്രഹ്മത്തി വിശ്വസിച്ചോളന്ന് പറഞ്ഞ ഓക്കെ എന്താ നിങ്ങളെ അത് സംതൃപ്തനാക്കുന്നുണ്ടെങ്കിൽ അത് മതി വിശ്വസിക്കരുതെന്നും പറയുന്നില്ല വിശ്വാസം ആശ്വാസം തരുന്നുണ്ടെങ്കിൽ വിശ്വസിക്കുക കുഴപ്പമൊന്നുമില്ല വിശ്വസിക്കരുതെന്നൊന്നും പറയുന്നില്ല അങ്ങനെ പറയാൻ ആർക്കും അവകാശമുണ്ട് പക്ഷെ നിങ്ങളെന്തിനു വിശ്വസിപ്പിച്ചു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കൂടുതൽ ചോദ്യം ചോദിക്കാതിരിക്കുന്നു അതാണ് അതിന്റെ ഒരു രഹസ്യം അപ്പം ബ്രഹ്മം എന്ന് പറയുന്നതിനീകരിക്കും അംഗീകരിച്ചിട്ട് അതിന് പ്രപഞ്ചം ഉണ്ടായിരുന്നു അംഗീകരിക്കുന്നു പ്രപഞ്ച സൃഷ്ടിക്കൊരു കാരണത്തെ കണ്ടുപിടിച്ച് മനസിലായോ കണ്ടുപിടിച്ചിട്ട് പറയുന്നത് നമ്മുടെ അനന്യമാണ് പിന്നെ ഈ പറയുന്നത് എന്താണ് ബ്രഹ്മസത്യമാണ് പ്രപഞ്ചം മിഥ്യയാണ് വേദം വിഥ്യാണെന്ന് പറഞ്ഞെന്താണ് അവസാനം ഇവ ചോദ്യം ചോദിച്ചു വരുമ്പോഴത്തേക്കും യവന ഒന്നും വിരട്ടാനുള്ള ഒരു പരിപാടിയാണ് യവനെ വെരട്ടിരിയട ഇതൊക്കെ മിഥിയാണ് ഇല്ലിരിയ ചോദ്യമായിട്ടതൊക്കെ പറഞ്ഞു അടിച്ചിരുത്തുക അപ്പൊ മിത്യ എന്നാ പോട്ടെ തൽക്കാലം വിട്ടുകളൊരു സമാധാനം കിട്ടണ്ടേ അപ്പൊ അവന് എന്ത് വിചാരിക്കും ആ ശരി എന്നാ നമുക്ക് വിട്ടുകള മിത്യങ്കി മിത്യ കാര്യ അവസാനിപ്പിക്കും ചിന്തിക്കാന്നുള്ളതാണ് ചിന്തിക്കാൻ വേണ്ടിയാണ് ഞാൻ ഇതൊക്കെ പറയുന്നത് ഇങ്ങനെയൊക്കെ വഴികളുണ്ട് ഇതിനകത്ത് അപ്പൊ ശങ്കരാചാര്യ പറയുന്ന ഇതാണ് ആ ജ്ഞാനം ഉത്തമാധികാരിക്ക് ജ്ഞാനമുണ്ടാവും ഇനി അങ്ങനെ ജ്ഞാനം ഉണ്ടായെങ്കിൽ അവിടെയാണ് പറയുന്നത് അധാതോ ബ്രഹ്മ ജിജ്ഞാസ അതൊക്കെ അങ്ങനെ ഒരറിവുണ്ടായില്ലെങ്കിൽ നിങ്ങൾ യോഗ്യതകളൊക്കെ സമ്പാദിച്ചതിന് ശേഷം വേദാന്തവാക്യങ്ങളെ വിചാരം ചെയ്യും വിചാരം ചെയ്തു കഴിഞ്ഞാൽ എന്തോരും നിങ്ങൾക്ക് ശരിയായ അറിവുണ്ടാവും പറയുന്നത് ആ വിചാരം ചെയ്യുന്നതിന് വേണ്ടങ്ങളുടെ യോഗ്യതയാണ് ഇവിടെ പറഞ്ഞത് സാധന ചതുഷ്ടയ സമ്പദ് അതിനെ കുറിച്ചാണ് നമ്മളൂടെ ചർച്ച കേട്ടവർക്ക് ഓർമ്മയില്ലാത്തൊന്നും ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ഒരിക്കുക പറഞ്ഞതാണ് പറയാനുള്ള ശബ്ദം ഞാനുമാണ് എന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാല് ആദ്യം കേട്ടപ്പോ എന്ത് ചെയ്തു ശബ്ദജ്ഞാനം ഉണ്ടായിരുന്നു പക്ഷെ ആ ശബ്ദജ്ഞാനത്തില് അജ്ഞാന സംശയവീര്യങ്ങൾ ഉണ്ടായിരുന്നു വിചാരം ചെയ്ത് എന്ത് ആ അജ്ഞാന സംശയവീര്യങ്ങളെ മാറ്റി അപ്പൊ ആദ്യം ഉണ്ടായിരുന്ന ജ്ഞാനം തന്നെ ഈ അജ്ഞാന സംശയവീര്യങ്ങൾ മാറി അപ്പോ സംഗതി ശബ്ദജ്ഞാനം തന്നെയാണ് ഇത് ശങ്കരായരുടെ പക്ഷം എല്ലാരും അത് അംഗീകരിക്കുന്നു മനസിലായ ഭാമതികാലം പറയുന്ന എന്തെന്ന് വെച്ചുകഴിഞ്ഞാല് ഇതൊന്നുമല്ല ഇങ്ങനെയൊന്നുമല്ല സംഗതി ഞാനും എങ്ങനെ ഉണ്ടാവുന്നു നിധ്യാസനത്തിലൂടെ ഉണ്ടാവുന്നു അതൊരു പ്രത്യേക അവസ്ഥയാണ് അതിനക്ക് സമാധി എന്ന് പറയാം അത് ശാബ്ദം ഞാനുമല്ല അത് അപരോക്ഷമായ മറ്റൊരു ജ്ഞാനമാണ് എന്ന് പറയും അത് ഭാവനികാരൻ പറയും രണ്ടുപേരുടെയും കാഴ്ചപ്പാട് രണ്ടാണ് മറ്റത് ശബ്ദജ്ഞാനം തന്നെ ചിലപ്പോൾ അജ്ഞാന സംശയ വിവരങ്ങളോടുകൂടി ഉണ്ടായാൽ അത് മാറ്റണം അത്രയേ ഉള്ളൂ മറ്റിടക്കങ്ങനെയല്ല നിധ്യാസനത്തിലൂടെ ഒരു പ്രത്യേക ജ്ഞാനം ഉണ്ടാകും അപരോക്ഷം അതിനെ കുറിച്ച് ഇനി വരെ വിവാഹങ്ങളിൽ വിശദീകരിക്കും പറഞ്ഞിട്ടുണ്ട് ശങ്കരായർ പറഞ്ഞ ആ അറിവിനെ കുറിച്ച് ഇന്ന ആർക്കും അറിയത്തില്ല ശങ്കരായ പറഞ്ഞു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്ന് വളരെ ചുരുക്കമാണ് എന്താ സംഭവം എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ശങ്കരായ പറഞ്ഞു കഴിഞ്ഞാൽ ഭാവതികാരനും മറ്റേ വിവരണകാരനും ആനന്ദഗിരിയും ഒക്കെയാണ് വ്യാഖ്യാനിച്ചത് നേരിട്ട് ഇവരെല്ലാം വ്യാഖ്യാനിച്ചിട്ട് അതിനെ മറ്റൊരു ജ്ഞാനമാക്കി മാറ്റിക്കഴിഞ്ഞു പിന്നെ അദ്വൈത പരമ്പര ശങ്കര പരമ്പരയിൽ പഠിക്കുന്നവരെല്ലാം പഠിക്കുന്നത് എന്താണ് ഈ പറയുന്ന ഭാമതികാരൻ പറയുന്നത് പോലെയാണ് പഠിക്കുന്നത് മനസ്സിലാകും അതൊരു പ്രത്യേക ജ്ഞാനമാണെന്ന് പറയും മാലിയിലാണെന്ന് പഠിച്ചു വരുന്നു അത് ജ്ഞാനം എന്ന് ചോദിച്ചു അത് വേണമെങ്കിൽ പറയാം സമാധിയിൽ ഉണ്ടാകുന്ന ജ്ഞാനമാണെന്ന് സമാധി അവസ്ഥയിൽ ഉണ്ടാകുന്ന ജ്ഞാനം എന്ന് പറയും ഈ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്ന ഒരുത്തനും ഈ സമാധിയിൽ ഉണ്ടാവുന്ന ഞാനോട്ടില്ലാതാണ് അത് ഒരുത്തനുമില്ല പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്ന ആൾക്കാ എന്തുകൊണ്ട് സമാധി പോയിരുന്നാ പഠിക്കാനും പഠിപ്പിക്കാനും പറ്റും പിന്നെ അവിടെ ഇങ്ങനെ ഞാനെത്തിയിരിക്കാനേ പറ്റും പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്ന എന്റെ അർത്ഥം എന്താണ് ഈ സമാധിയില ഞാനും എന്താ ഉണ്ടായാൽ പിന്നെ അവിടെ ഇരിക്കത്തല്ലേ ഉള്ളു പക്ഷെ ഇവരെപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്ന എന്താണ് സമാധിയുടെ ജ്ഞാനം തന്നത് പിന്നെ ശിഷ്യന്മാരെ ബോധ്യപ്പെടുത്താൻ വേണ്ടി ഇവരെന്തെയും അഭിനയിക്കും കുറച്ച് സമയം എനിക്ക് സമാധിയുടെ ജ്ഞാനമാണ് അഭിനയിച്ചൊക്കെ ഷിമാര് വീണു ഗുരുമഹാരാജ് കിജയ് ഇത്രയൊക്കെ സംഭവിക്കും ഞാർ ഇങ്ങനെ സമാധി ഉണ്ടെന്ന് പറഞ്ഞ അവരോട് എന്നെ ചോദിച്ചുറപ്പുവരുത്ത് അതും കഴിഞ്ഞ എനിക്കൊന്നും പറയാനില്ല ഇതിന്റെ രീതി അനുസരിച്ച് നമ്മൾ ചിന്തിച്ചു നോക്കുമ്പോ ബുദ്ധിയാർക്കും പണയം വെച്ചിട്ട് ചിന്തിക്കേണ്ട കാര്യമൊന്നും ഉം ഇത് ആർക്കും കുറേ സമയം പണയം കൊടുത്തിട്ടു പഠിപ്പിക്കുകയും പഠിക്കുകയും ചെയ്ത സമാധി ഉണ്ടാവില്ല എന്ന പഠിക്കുകയും പഠിപ്പിക്കാതെ ഇരുന്ന സമാധി ഉണ്ടാവും അതും ഉണ്ടാവും പിന്നെ ഇതും ഉണ്ട് ശ്രവണം മനനമൊക്കെ ചെയ്തു കഴിഞ്ഞാല് നിര്ത്യാസനുണ്ടാവും പിന്നെ സമാധി ഉണ്ടാവും അപ്പൊ അത് ചെയ്യാതിരുന്നാലും പറ്റില്ല ചെയ്താലും പറ്റില്ല പിന്നെ ഇതെങ്ങനെ ഇട്ടായിരുന്നു ഒപ്പിക്കുന്നത് പിന്നെ ഒരു സമാധാനമാന്ന് പറയുന്നത് ഓരോരുത്തർ ക്ലെയിമാണ് അവിടെ ഇവിടെ ഗുഹകളിൽ ഇരിക്കുകിടക്കുക ഇങ്ങനെ കിടക്കുന്ന ആൾക്കാരെ കുറിച്ച് മറ്റുള്ളവർ പറയുന്നത് ഇവർക്ക് എന്നുണ്ട് സമാധിത സാക്ഷാത്കാരം ഉണ്ടായവരാണെന്ന് പറയുന്നു അങ്ങനെയൊക്കെ പറയുന്നുണ്ട് ഞാറികൾ സമാധി ഞാനോണ്ടായി ഇല്ലെന്നൊന്നും ഞാൻ പറയുന്നില്ല കേട്ടോ അങ്ങനെ ഞാൻ പറയുന്നില്ല വേറെ ആളുടെ കാര്യത്തെ നമുക്ക് ചോദ്യം ചെയ്യാനുള്ള അവകാശം മൊത്തത്തിലുള്ളവര് പോക്ക് ഞാൻ പറയുന്ന സംഗതിക ഗീതയിലെ ഭഗവാൻ പറയുന്ന പോലെ എന്താണ് മച്ചത്ത സർവദുർഗാണ് അഹങ്കാരോഷ്യസി കേട്ടിട്ടുണ്ടോ ഞാൻ പറയുന്ന കേട്ടില്ലെങ്കിൽ നീ മുടിഞ്ഞു നാരാണക്കല്ലട് അതാണ് ഈ പറയുന്നതിന്റെ അർത്ഥം വിനഷ്യൻ ഞാൻ പറയുന്ന കേട്ടില്ലെങ്കിൽ ീ നശിച്ചു അത് കഴിഞ്ഞ് പിന്നെ എന്താ പറയുന്നത് യഥിച്ചസിണെന്തോ അതി അല്ല ആദ്യം എന്താ പറഞ്ഞത് ഞാൻ പറയുന്ന കേട്ടില്ലെങ്കിൽ മീ നശിച്ചു പിന്നെന്താ പറയുന്നത് നിനക്കിഷ്ടത് ീ ചെയ്തോ അപ്പൊ പിന്നെ അതുപോലെയാണ് എന്റെ മൊത്ത സംഗതികൾ രണ്ടു വർഷം ചാർവാകൻറെ വേറെ ലൈനാണ് ചാർവാഹൻ എന്ന് പറയുന്നത് ഇന്നത്തെ യുക്തിവാദിയം കാവത്തിനും അർത്ഥത്തിനും പ്രാധാന്യം കൊടുക്കുന്നതാണ് അത് അങ്ങനെ പറയുന്നത് തെറ്റാണ് ചാർവാഹനെ കുറിച്ച് ആ പറയുന്ന അസംബന്ധമാണ് അത് പറയണമെങ്കിൽ ഇനി ഒരു മണിക്കൂർ വേണം ആൾക്കാരേതുകൂടെ ചെന്നിർത്ത